ോഗ്രഹാ ഇദംഗാസ്പദേ രജത സമാരുപ്യജ്ജാതീയസാരമ അനുചിന്യജാതീയതയാദംഗാസ്പദേ രജതീതം അനുമായ തവർത്തനപൂര് സിദ്ധം മുമ്പ് പറഞ്ഞു ഹിതം രജതം എന്ന് അറിയുന്ന സ്ഥലത്ത് മുമ്പിലോട്ട് കുനിഞ്ഞ് രജതമെടുക്കാനാണ് അയാളുടെ പ്രവൃത്തി അവിടുത്തെ രജതം എന്ന് പറയുന്നത് ഒരു സ്മൃതിയാണ് എവിടെയെങ്കിലും ഇരിക്കുന്ന രജത്തെ സ്മരിക്കുകയായിരിക്കും അപ്പോൾ മുമ്പിൽ പ്രവർത്തിക്കുന്ന എങ്ങനെയെന്നാണ് തർക്കുകയും ചോദിക്കുന്നു ഭക്ഷ്യാധിവാദി പറയുന്നത് ഹിതം മുമ്പിലൊരു വസ്തു രജതം ഹിതം പ്രത്യക്ഷമാണ് രജത സ്മൃതിയാണ് ഭേദാഗ്രഹമാണല്ലോ രണ്ടും വേറെ വേറെ അറിയുന്നില്ല അതുകൊണ്ട് അവിടെ കുനിയെന്നാണ് സ്മരിക്കുന്ന രഹിതം കടയിലിരിക്കുന്നതാണെന്നാണ് അറിയുന്നത് പണ്ട് നമ്മളെ ഭേദജാണ് ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു കുഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു ഇപ്പം പറയുന്നു സ്മരിച്ച രഥിതത്തേണ് അയാളുടെ എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ മുമ്പിലോട്ട് കുഞ്ഞിയത്തില്ല ാണ് അറിഞ്ഞ് ആഗ്രഹിച്ച പ്രവർത്തിക്കത്തുള്ളൂ ഒന്നും ആഗ്രഹിച്ചിട്ട് വേറെടുത്ത് പ്രവർത്തിക്കുക സംഭവിക്കില്ല അപ്പൊ ഒരാളെ തിനിഞ്ഞ് പ്രവർത്തി എടുക്കാൻ ശ്രമിക്കണമെങ്കിൽ മുമ്പിൽ കിടക്കുന്നത് ണെന്ന് അറിയണം അറിഞ്ഞ് ആഗ്രഹിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അപ്പോ ഇവിടെ അതിനൊരു പുറോഷം പറയണം തർക്കിയും തന്നെ അറിഞ്ഞില്ല അതുകൊണ്ട് പ്രവർത്തിക്കുന്നു അത് തഥാത്യ ആഗ്രഹമാണ് രചതമല്ലാന്ന് അറിയാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാതിരിക്കുന്നില്ല എന്നൊരു ചോദ്യം വരും രചനമല്ല എന്നറിയാത്തത് കൊണ്ട് മുമ്പിലോട്ട് കുഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിപ്പോ മൊബൈല് എടുക്കാൻ ശ്രമിക്കുന്നു മൊബൈലെന്നറിഞ്ഞിട്ട് ഞാൻ മൊബൈലിന് എടുക്കാൻ ശ്രമിക്കാം ഇത് മൊബൈലല്ല എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ മൊബൈലിനെടുക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ മൊബൈലെല്ലാം എന്നറിയാത്തൊണ്ട് എടുക്കാതെ ഇരിക്കും രണ്ട് സംഭവിക്കാം അതുകൊണ്ട് എന്തുകൂടെ സ്വീകരിക്കണം ഇതങ്കാരാസ്പെ രജതം ആരോ ആരോപി ആദ്യമായിരുന്നു മുമ്പില് രജതത്തെ ആരോപിക്കുകയാണ് ഹിതം രജതം എന്നോടെ ആരോപിക്കുകയാണ് പ്ലസ്മരിക്കുകയല്ല എന്നിട്ട് അത് വേണമെന്നാഗ്രഹിക്കുന്നു എന്നിട്ട് അതെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഉപാധാന സമാരോപ ഉത് ഭേദാഗ്രഹം അവിടെ ഉണ്ട് ഇത് വേറെ താൻ ആരോപിച്ചറിയാൻ വേറെ ഇതറിയത്തില്ല താർക്കികം പറയണം അത് കിടക്കുന്ന ഒന്നാണ് ആരോപിച്ചത് വേറെയാണെന്നുള്ള ഭേദം ഞാനായിട്ടാണ് അതില്ലാത്തുകൊണ്ട് ആരോപിക്കുന്നു ആരോപിച്ചിട്ട് എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു ഭേദജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് താർക്കയും പറയാം ഇത് മുമ്പ് കിടക്കുന്ന വസ്തു രജതമാണ് വേറെ രജതമാണ് ആരോപിതമാണ് കല്പിതമാണ് എന്നുള്ള ഭേദജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ഇതങ്ക രജതം സമാരോപി ഹിതം എന്ന് പറയുന്ന ഹിതം രീതം നടത്തുന്ന രഹതത്തെ അവിടെ ആരോപിക്കുന്നു കൽിക്കുന്നു തജ്തീയസ് ഉപകാരക ഹേതുഭാവം അനുചിന്തിക്കുക അയാള് ചിന്തിക്കുകയാണ് ഹിതം മമ ഇഷ്ടസാധനം ഈ മുമ്പിൽ കിടക്കുന്ന വസ്തു എന്റെ ഇഷ്ടത്തിന് ഉപകരിക്കുന്നതാണ് അയാള് ചിന്തിക്കാണ് രജതജാതീയത്വ ആപണസ്ഥ ഇതും രചതമാണ് കടയിലിരിക്കുന്ന രഹിതം പോലെ അപ്പൊ ഇതെന്റെ ഇഷ്ടത്തിന് ഉപകരിക്കുന്നതാണ് ഇഷ്ടംന്ന് വെച്ച ആഭരണം അതിന് ഉപകരിക്കുന്നതാണ് ഹിതം ഇഷ്ടസാധനം ഈ നുമ്പി കിടക്കുന്ന വസ്തു അതിന്റെ ഇഷ്ടമായ ആഭരണത്തിന് ഉപകരിക്കുന്ന രഹിതത്വ ഇവിടെ ഞാൻ രജതത്തെ കാണുന്നുണ്ട് ആ പണസ്തര കടയിലിരിക്കുന്ന രചതാണ് ഉപകാരഹേതുഭാവം ഇതുപരിക്കുന്നാണെന്ന് അനുജിന് ചിന്തിച്ചിട്ട് തജാതീയതയാ ഇതങ്കാരാസ്പെ രജത യഥാർത്ഥത്തിലുള്ള രചതം പോലെ തന്നെ എന്താണ് ഇത് വാസ്തവത്തിൽ കടയിലിരിക്കുന്ന രതം പോലെയാണ് ഇത് തജ്ജാതീയതയാ രണ്ടും രജതത്വജാതി അതുകൊണ്ട് ഇതം കാരാസ്പദ രജത ഇതം എന്നറിയുന്ന വിഷയമായിരിക്കുന്ന സ്ഥാനത്ത് കാണുന്ന രജതത്തൽ ഇതം രം അനുമായ ഇത് എനിക്ക് അതാണ് പറഞ്ഞത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ആഭരണം ഉണ്ടാക്കാൻ പറ്റിയതാണ് കടയിൽ ഇരിക്കുന്ന രഹിതം പോലെ ഇതിന് രഹിതത്വമുണ്ട് എന്നനുമാനിച്ചിട്ട് മനുമായ അക്രമത്തെ കുറിച്ച് പറയണത് എങ്ങനെ എന്താ സംഭവിക്കുന്നതാണ് തഥർഥി രജത്തെ ആഗ്രഹിക്കുന്നവൻ പ്രവർത്തിക്കുന്നു എവിടെ മുമ്പിലോട്ട് ആനുപൂർവ്വം സിദ്ധം അങ്ങനെ ആനുപൂർവ്വം സിദ്ധമാകുന്നു അപ്പോ താർക്കികം പറയുന്ന അനുസരിച്ച് ഇത രജതവും ജ്ഞാനം ഉണ്ടാകുന്ന സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു രജതവും തമ്മിലുള്ള അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു അയാൾ അറിയുന്നത് മുമ്പിൽ കിടക്കുന്ന രജതത്തെയാണ് അറിയുന്നത് രജതത്വജ്ഞാനം ഉണ്ടാകും അയാൾ ചിന്തിക്കുന്നു എനിക്കിഷ്ടപ്പെട്ട ആഭരണമുണ്ടാക്കാൻ പറ്റിയതാണ് ഇത് എടുക്കാം എന്ന് പറഞ്ഞു കുഴിഞ്ഞത് അയാൾ എടുക്കാൻ അപ്പം ഭേദാഗ്രഹം വരുന്നു ആരോപിക്കുന്നു പിന്നെ പ്രവർത്തിക്കുന്നു മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു തടസ്സരജത സ്മൃതി രചങ്കാരാസ്പഹേതുഭാവം ഹനുമാറും അങ്ങനെ സ്മരിച്ചു കഴിഞ്ഞാൽ മുമ്പിലോട്ട് കുഞ്ഞെടുക്കുക കഴിഞ്ഞ ദിവസം ആനയെ സ്മരിച്ചു കഴിഞ്ഞ് ഒരാൾ പേടിച്ചോടത്തു മുമ്പിൽ ആനഞ്ഞാലേ ഭയക്കത്തടസ്ഥ രചിതസ്മരണം കേവലമായ രചിതസ്മരണം എന്നുവെച്ചാൽ മുമ്പിൽ എന്നുള്ള അനുഭവം ഇല്ലാത്ത ആ രചിതസ്മരണമാണ് ഇതങ്കാരാസ്പദസ്സി ഉപകാര ഹേതു ഭാവം അനുമാപൈതും അതെന്താണ് ഹിത എന്ന് പറയുന്ന അനുഭവത്തെ വിഷയമായിരിക്കുന്ന രഹിത ഇതങ്കാരാസ്പിതമെന്ന് പറയുന്ന ഇത് എന്നറിയുന്ന ആ രഹിതത്തിൽ ഉപകാരഹേതുഭാവം ഇത് ആഭരണവും മറ്റും ഉണ്ടാക്കാൻ ഉപകരിക്കുന്നതാണെന്ന് അനുമാപതി അനുമാനിക്കാൻ പറ്റുന്നതാണ് അനുമാനിക്കാൻ കഴിയുന്നത് കേവല രേഖത്തെ സ്മരിക്കുകയാണ് സ്മരിച്ചു കഴിഞ്ഞാൽ മുന്തി കിടക്കുന്ന ഇത് ആഭരണമുണ്ടാക്കാൻ പറ്റുകയാണെന്ന് അങ്ങനെ അറിയും അനുമാനിക്കാൻ കഴിയിട്ടല്ല അപ്പോൾ രഹിതത്തെ മൂന്നി കാണണം എന്നാണ് പ്രഖ്യാധിവാദി പറയുന്നത് രഹിതത്തിന്റെ സ്മൃതിയാണ് കർഗികൾ അങ്ങനെയല്ല മൂന്നി കാണുന്നു സ്മൃതിയല്ല അവിടെ രഹിതത്തെ ആരോപിക്കുകയാണ് എന്നിട്ടത് ആഭരണമുണ്ടാക്കാൻ പറ്റുകയാണെന്ന് അങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് മുറിഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണ് ഇത് സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഖ്യാപകമായി പറയുന്നവരും ഇവിടെ രണ്ട് ജ്ഞാനം കഴിയുന്നു ഇത് എന്ന് പറയുന്ന പ്രത്യക്ഷം മറ്റേ രഹിതം എന്ന് പറയുന്ന സ്മൃതി കാർത്തികം പറയുന്നതനുസരിച്ചാണെങ്കിലും ഇവിടെ വിശിഷ്ടജ്ഞാനമാണ് രജത വിശിഷ്ടമായ രജതത്തെ അറിയാം ഇതിനെ അറിയണം ഇതം രജതം വരും രജതത്തെ സ്മരിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ കിടക്കുന്ന രജതം ആഭരണമുണ്ടാക്കാൻ ഉപകരിക്കുന്നതാണോ എന്ന് അനുമാനിക്കാൻ കഴിയത്തില്ല തടസ്സരജതെന്ന് വെച്ചാൽ കേവലമായ തടസ്സ രജതസ്മൃതി എന്നാണ് കേവല രജതസ്മൃതി ഇത് രജതമെന്നറിയാതെ കേവലം രജതസ്മൃതി അപ്പോ കാര്ക്കെന്താ പറയുന്നത് ഇത് രചനം എന്നറിയുന്നു ബന്ധമാണ് മുമ്പൊ കിടക്കുന്നത് രഹതമാണെന്ന് അറിഞ്ഞേ പറ്റും സത്യമായത് അസത്യമായ അസത്യമാണ് ഇത് എന്നറിയുന്നിടത്ത് രഹിതത്വം ഞാൻ ഉണ്ടാവണം എന്നാണ് അല്ലാതെ രഹതത്തെ സ്മരിച്ചാ പോലെ എന്നാലേ അനുമാനിക്കാൻ അങ്ങനെ ഇത് ആഭരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇതും ആഭരണം രചതത്വ ഘട്ടസ്ഥ രചതകൾ കടയിലിരിക്കുന്ന രചതകൾ എന്ന് അനുമാനിക്കണമെങ്കിൽ മുൻപിൽ രേതത്വം ഞാൻ ഉണ്ടാകും അല്ല സ്മരിക്കണെങ്കിൽ എന്താണ് ഇതം മധിഷ്ടസാധനം രേതത്വ ഇങ്ങനെ അനുമാനിക്കണമെങ്കിൽ ഹിതം ആ മുമ്പിൽ കാണുന്ന ആ വസ്തുവിൽ മതിഷ്ടസാധനവും എന്റെ ഇഷ്ടമായ ആഭരണത്തിന് ഉപകരിക്കുന്നതാണ് രഹിതത്വം അതൊന്നും മുമ്പിൽ കിടക്കുന്ന അല്ല അവിടെ നിന്നിട്ട് രഹിതത്തെ സ്മരിച്ചാ പോലെ വിശിഷ്ടം ഞാനുണ്ടാകും അല്ലെങ്കിൽ എന്തോരം ഇതം അവിടെ രേതത്വ ജ്ഞാനം ഇല്ലെങ്കിൽ എൻ്റെ അർത്ഥം പക്ഷത്തിൽ ഹേതുവിന്റെ ജ്ഞാനം ഇല്ലെന്നാണ് അപ്പോൾ അതിഷ്ട സാധനമാണെന്ന് അനുമാനിക്കാൻ പറ്റത്തില്ല അനുമാനിച്ച് അനുമതി ജ്ഞാനം ഉണ്ടാകും അനുമതി ജ്ഞാനമുണ്ടായ ആഗ്രഹം ഉണ്ടാകും പ്രവൃത്തി ഇതാണ് താർഗ്യം ഇതം മതിഷ്ട സാധന ചരിതത്വമാണ് ഇങ്ങനെ അനുമാനിക്കും ഈ മുമ്പ് കിടക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട ആഭരണമുണ്ടാക്കാൻ പറ്റിയതാണ് അനുമാനം അങ്ങനെ അനുമാനിച്ചു കഴിഞ്ഞാൽ മുൻപ് കിടക്കുന്നത് ആഭരണത്തിന് പറ്റിയാണെന്നറിഞ്ഞാലേ ഒരാളത് ആഗ്രഹിക്കട്ടു ആഗ്രഹിച്ചാലേ പ്രവർത്തിക്കട്ടുള്ളത് അതുകൊണ്ട് ഇതം ഇതിൽ രേതത്വം ഞാനുണ്ടാവണം അല്ലാതെ രജതത്തെ സ്മരിച്ചാൽ പോരാ ഇതം മധിഷ്ടജതത്വാണെന്ന് പറയും അതേപോലെ പർവ്വതോ വന്യമാൻ ധൂമാൻ എന്ന് പറയുമ്പോഴാണ് പർവ്വതം ഭക്ഷമാണ് വന്യസാധ്യമാണ് ധൂമം ഭേദമാണ് അപ്പൊ ഹേതുവായ ധൂമം പക്ഷത്തിലുണ്ടെന്നറിഞ്ഞാലേ അനുമതിയുണ്ടാവും അനുമാനിക്കാൻ പറ്റും ഹേതുവായ ധൂമം പക്ഷമായ പർവ്വതത്തിലുണ്ടായിരിക്കണം അതറിഞ്ഞാലേ പർവ്വതത്തിൽ വന്യുള്ള അനുമാനിക്കാൻ പറ്റും അത് ധൂമം പർവ്വത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലെ വ്യാപ്തി ഞാനും ഉണ്ടാവണം എത്ര എത്ര ധൂമഹത്ത് എത്ര എത്ര അഗ്നി ഇതാണ് വ്യാപ്തി ഞാൻ എവിടെ ധൂമം ഉണ്ടോ അവിടെ അഗ്നി ഉണ്ട് എന്നുള്ള ഞാനും ഉണ്ടായാലും അനുമാനം നടക്കും അപ്പോ ഏതുപക്ഷത്തിലുണ്ടെന്ന് വേണം പർവ്വതം ധൂമം പർവ്വത ഉണ്ടെന്ന് ഞാനം വേണം ാലും വേണം എത്ര എത്ര ധുമത്രം വ്യാപ്തിഞ്ഞാലും ഇതും വേണം എന്നാലും അനുമാനിക്കാറുണ്ട് അതിനാണ് പറയുന്നത് വ്യാപ്തി വിശിഷ്ട പക്ഷധർമ്മതാണ് വ്യാപ്തി നിയമം എത്ര എത്ര ധൂമഹത്ത് അത്ര അത്രാധ്യം ഈ നിയമമുള്ള ഏത് ധൂമം പക്ഷത്തിൽ ഉണ്ടെന്നറിയുന്നതാണ് ഭക്ഷ നിർമ്മദാജ്ഞള്ള വ്യാപ്തിയുള്ള ധൂമം ഭക്ഷണത്തിലുണ്ടെന്നാണ് അപ്രവൃത്തി ഉള്ളത് എന്നാലേ അനുമതി ഉണ്ടാവും അനുമാനം നടത്തും അതുപോലെ ഇവിടെ എന്താണ് നമ്പിലെ അവിടെ രജതത്വം ഞാനും ഉണ്ടാവണം ഉണ്ടായാലേ ഷ്ടമായ ആഭരണം ഉണ്ടാക്കാൻ ഉപകരിക്കുന്നാണെന്നുള്ള അനുമതിയുണ്ട് അനുമതി ഉണ്ടായാലേ ഇച്ചയുണ്ട് ഇച്ചയുണ്ടായാലേ കടക്കുന്നുണ്ട് കടുപ്പമുണ്ട് ഇവിടെ കുറച്ച് കിടക്കും ഈ ഭാഗം മുമ്പോട്ട് ചെയ്യുന്ന മുമ്പോട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം എന്താണോ ഖ്യാതിവാദം എന്റെ ഖ്യാതി എന്ന് പറയുന്നത് കടുപ്പമുള്ള ഭാഗമാണ് അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ സിദ്ധാന്തങ്ങളൊക്കെ ഈ പ്രയാസം മരത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അവരുടെ മുമ്പോട്ടേ മനസ്സിലാക്കാൻ പ്രയാസം വരില്ല അദ്വൈതത്തിന്റെ സിദ്ധാന്തങ്ങളെല്ലാം മനസ്സിലാക്കാം ഇവിടെ പൊതുവെ എല്ലാവർക്കും ഇവർക്ക് പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ ഭാഗത്തെ കുറിച്ച് ഖ്യാതി ഭാഗം എന്ന് പറയുന്ന വല്യ വല്യ വാദങ്ങള് അത് മനസിലാക്കിയെടുക്കാൻ കുറിച്ച് പ്രയാസം മുമ്പോട്ടേലും വാദങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും അദ്വീതം മനസ്സിലാവും അദ്വീതത്തിന്റെ പോയിന്റുകൾ മനസിലാവും അതുകൊണ്ടാണ് പലരും പഠിക്കാൻ മടിക്കുന്നത് ഭാഗം പഠിക്കാൻ മടിക്കുന്ന കുറച്ച് തർക്കവും വ്യാകരണവും ഒക്കെ ഉള്ളവർക്ക് അതങ്ങോട്ട് പഠിയിട്ടൊക്കെ കുറച്ച് പരിചയം വേണം ആധുനിക കേൾക്കുന്നവർക്ക് പ്രയാസം മുൻപോട്ടുള്ള ഭാഗങ്ങൾ ആവശ്യമുള്ളതാണ് എന്ന് വിചാരിച്ച് തൽക്കാലം ക്ഷമിക്കുക ബഹുമതികാരനോ ഹേതോരപക്ഷധർമ്മോ ഇതാണോ പറഞ്ഞത് വ്യാപ്തി വിശിഷ്ടപക്ഷധർമ്മത ഞാനും പരാമർശം വന്യയുടെ വ്യാപ്തിയോട് എന്നിട്ട് എത്രയെത്ര ധൂമ തത്രയത്ര അഗ്നി എന്ന് പറയാൻ കഴിയുന്ന ആ ധൂമം പർവ്വതത്തിലുണ്ട് എന്നറിഞ്ഞാലേ പർവ്വതോ വന്യുമാൻ ധൂമാനുമാനിക്കാൻ പറ്റും അങ്ങനെ അനുമാനിച്ചാലേ പർവ്വതവും അനുമാനം അനുമതിയുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ രജതം എന്നറിയുന്നടുത്ത് മുമ്പിൽ കാണുന്ന ഇതം അവിടെ രജതത്വം ഉണ്ടെന്നറിയും രജതത്വം ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതമാണ് ഇവിടുത്തെ പക്ഷം അവിടെ ഹേതു രജതത്വം ഉണ്ടെന്നറിയുന്നുണ്ടെന്നറിഞ്ഞാൽ എന്താണ് അവിടെ എത്ര രചിതം തഭരണാദ്യ ഉപകാരകത്വം അങ്ങനെ എവിടെയൊക്കെ രചിത ഉണ്ടോ അവിടെയൊക്കെ ആഭരണ മറ്റും ആഭരണാദികൾക്ക് ഉപകാരകത്വം ഉണ്ട് ആഭരണം മറ്റും ഉണ്ടാക്കാം പറ്റിയാണ് രചിതം എന്നുള്ള ആ വ്യാപ്തി അതും ആഭരണത്തിനുപകരിക്കുന്നതാണ് അപ്പൊ രചിതത്വം ഉണ്ടെങ്കിൽ അവിടെ ആഭരണാദി ഉപകാരകത്വമുണ്ട് അപ്പൊ വ്യാപ്തി വിശിഷ്ടമായ ഹേതു രഹിതത്വം ഇതം മുമ്പിലുണ്ട് എന്നറിഞ്ഞാ അനുമതി ജ്ഞാനുണ്ടാവും ഈ രചതം അഭിന്നാദ്യം ഉണ്ടാക്കാൻ പറ്റിയതാണ് അനുമതിജ്ഞാനുണ്ടാവും അനുമതിജ്ഞാനുണ്ടായി കഴിഞ്ഞാൽ അതെന്തുണ്ടാവും ആഗ്രഹമുണ്ടാവും രചിതത്തിനെ കുറിച്ച് അതുണ്ടായി കഴിഞ്ഞാൽ എന്തെയും അൾ പുനിഞ്ഞെടുക്കും തർക്കിയും പറയുന്നത് എന്താണ് ഒരാൾ കുഞ്ഞവിടെ എടുക്കുന്നു എന്നത് തർക്കമുള്ള കാര്യമുണ്ട് അത് കേവലം രചത സ്മരിച്ചുകൊണ്ട് അത് നടക്കില്ല മുമ്പിൽ ആരോഗ്യതമായ രചിതത്തെ അറിഞ്ഞാലേ അത് നടക്കും സ്മൃതി എന്ന് പറയുമ്പോൾ അതിന്റെ വിഷയം നേരെ എവിടെയാണ് ആരോഗ്യം എന്ന് പറയുമ്പോൾ വിഷയം മുമ്പിലുണ്ട് ആരോപിതമായ രഹതത്തെ അംഗീകരിച്ചേ പറ്റുമെന്ന് പറഞ്ഞാൽ ഭ്രമത്തെ അംഗീകരിച്ചേ പറ്റു വ്യാഖ്യാതിവാദി പറയുന്ന പോലെ ഭ്രമം ഇല്ലെന്ന് പറയാൻ കഴിയില്ല അപ്പൊ രജിതത്വസ്യ ഹേതോരപക്ഷധർമ്മ നമ്മളുടെ മുമ്പിൽ രജതം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രജിതത്വം എന്ന് പറയുന്ന ഹേതമില്ല പിന്നെ രചതത്വത്തിൽ പക്ഷത്തിലിരിക്കുന്നു പറയാൻ പറ്റും ഇത് ആഭരണാദികൾ ഉപകാരമോന്നുള്ള അനുമതി ഉണ്ടാവും അനുമതി ഉണ്ടായിരുന്നെങ്കിൽ ഇച്ഛ ഉണ്ടാവത്തില്ല പ്രവൃത്തി ഉണ്ടാവത്തില്ല അനുമാനം നടത്തണമെങ്കിൽ പക്ഷത്തിൽ ഖേദജ്ഞാനം വേണം എന്ന് പറഞ്ഞാൽ പർവ്വതവും അനുമാനം അനുമാനം നടത്തണമെങ്കിൽ പർവ്വതത്തിൽ എന്തെല്ലാം ജ്ഞാനം വേണം അത് എങ്ങനെയുള്ള ധൂമം വ്യാപ്തിയുള്ള ധൂമം അതാണ് ഏകദേശ ദർശനം ഖൽ അനുമാമകം എന്നത് ആ ഏകദേശ ദർശനം ഏകദേശ ദർശനം പക്ഷത്തിൽ ഏതു ഇരിക്കുന്നു എന്നുള്ള ജ്ഞാനം അതാണ് ഏകദേശ ദർശനം അതാണ് അനുമാമ്പം അനുമാനത്തിന് കാരണമാകും എന്നാൽ അനേക ദർശനം അനേക ദേശീർ പക്ഷത്തിൽ ഹേതു ഇല്ല എന്നുള്ള ജ്ഞാനം ഉണ്ടായാൽ ഒരിക്കലും അനുമാനം നടത്തും എനിക്ക് പർവ്വതത്തിൽ ഒരാൾ ദൂരെ നിന്ന് പർവ്വതത്തിൽ ധൂമുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ വരും ആൾ പർവ്വതം ഒൻപൻ അനുമാനിക്കും ിച്ചാൽ അയാൾക്ക് എന്തോരും അനുമതി ജ്ഞാനം ഉണ്ടാവും പക്ഷെ പർവ്വതത്തിൽ രൂപജ്ഞാനം ഇല്ലെങ്കിൽ എന്തോരും അയാൾക്ക് അനുമാനിക്കാൻ കഴിയില്ല അനുമതി ജ്ഞാനം ഉണ്ടാവും ഇത് അനു പറഞ്ഞിരിക്കുന്നു കാർത്തികന്മാർ പറയുന്ന കാര്യം പറഞ്ഞു അവർ കൂടി സമ്മതമായിരിക്കുന്ന ശബരസ്വാമി ശബരസ്വാമി എന്ന് പറയുന്നത് മീമാംസ സൂത്രങ്ങൾ ഗെയിമിനിയുടെ സൂത്രങ്ങൾക്ക് ഭാഷവഴിയാണ് ശാബരഭാഷ്യുന്നു ശബരസ്വാമി പോലും പറഞ്ഞ കാര്യമെന്ന് പറയുന്നു പിന്നെ കാർത്തികന്മാർ ചോദിക്കുകയാണ് നമുക്കത് നിലനിർത്താൻ പറ്റുമോ കാരണം മീമാംസകരാണ് അഖ്യാതിവാദികൾ മീമാംസ ഭാഷ്യവഴിയാണ് ശബരസ്വാമി ശബരസ്വാമിയാണ് ഈ പറയുന്നത് ഏതു പക്ഷത്തിലിരിക്കുന്നു എന്നുള്ള അറിവുണ്ടാകാതെ അനുമാനം നടത്താൻ പറ്റുന്നു ഖ്യാതിവാദി എന്ന് പറയുന്നത് മീമാംസകരാണ് പ്രഭാകര പക്ഷക്കാർ ഇപ്പൊ പ്രഭാകര ഗുരുവിനെങ്ങനെ തള്ളി പറയാൻ പറ്റി സദരസ്വാമി പറയുന്നത് അല്ലാതെ ഞങ്ങളല്ല പറയുന്നു പക്ഷത്തിൽ ഹേതുവിന്റെ ജ്ഞാനം ഉണ്ടെങ്കിലേ അനുമാനം നടക്കുമെന്ന് പറയുന്നവരാണ് ഞങ്ങളുടെ തന്നെ ആചാര്യനാണ് മീമാംസകരുടെ ആചാര്യനാണെന്ന് താർക്കികൻ മീമാംസകളോട് അതായത് പ്രഭാരഗുരുവിനോട് പറയാൻ പ്രഭാരഗുരുവിന്റെ ആചാര്യനാണ് സുദർശി ഏകദേശ ദർശനം ഖല്ലനുമാനകം ഏകദേശ ദർശനം പക്ഷത്തിൽ ഹേതുയിരിക്കുന്നു എന്നുള്ള ജ്ഞാനമാണ് ഹനുമാനത്തെ ഉണ്ടാക്കുന്നത് എന്നിട്ട് അനേക ദേശദേശം പക്ഷത്തിൽ ഏത് ഇല്ല എന്നുള്ള ഞാനുണ്ടായാൽ അനുമാനം അത് ശബരസ്വാമി മുഴുവൻ പറയുന്നെങ്ങനെയാണ് അനുമാനം ഏകദേശാന്തരേ അസന്നിക്േ അർത്ഥേ ബുദ്ധി ഇതാണ് അനുഗ്രഹം യഥാഹുദർശന വ്യാപ്തിവിശിഷ്ടമാണ് അന്യയുടെ വ്യാപ്യമാണ് ധൂമം ആ വ്യാപ്തിയാണ് സംബന്ധം ആ സംബന്ധത്തെ അറിഞ്ഞ ആ ധൂമത്തിന്റെ ഏകദേശ ദർശനം പക്ഷത്തിൽ ഇരിക്കുന്നു എന്നുള്ള ജ്ഞാനം അതാണ് സംബന്ധം എന്ന് പറഞ്ഞാൽ വ്യാപ്തിജ്ഞാനം ഉള്ള ജ്ഞാത ഏകദേശ ദർശനം ധൂമം പക്ഷത്തിൽ ഇരിക്കുന്നു എന്നുള്ള ഞാൻ അങ്ങനെ ഒരു ദർശനം ഉണ്ടായാൽ ഏകദേശാന്തരേ അതേ പക്ഷത്തിൽ തന്നെ ഇരിക്കുന്ന അസന്നിഗൃഷ്ട കണ്ണോട് കാണാൻ വയ്യാത്ത വന്യയിൽ ബുദ്ധി ഞാനുണ്ടാവും അസന്നിഗൃഷ്ടാർത്ഥം വന്യയിൽ ഇപ്പോൾ പർവ്വതത്തിൽ ധൂമത്തെ കണ്ടു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന മഞ്ഞിയുടെ ജ്ഞാനം പറയുന്നു അങ്ങനെ ഉണ്ടാകുന്നതാണ് അനുമാനങ്ങൾ ഒരാൾ പർവ്വതത്തിന്റെ അടുത്ത് പോകുന്ന അവിടെ ധൂമത്തെ കാണുന്നു കാണുന്നില്ല സന്നിഗൃഷ്ടമായ ധൂമത്തിന്റെ ജ്ഞാനം ഉണ്ടായാൽ അസന്നിഗൃഷ്ടമായ അതിനയുടെ അതാണ് പറഞ്ഞിരിക്കുന്നത് അനുമാനം ജാഗസംബന്ധ ഏകദേശദർശന ഏകദേശാന്തര അസന്നിഗിഷ്ടം എന്ന് പറഞ്ഞു അർത്ഥേ അസന്നിഗിഷ്ഠമായ അർത്ഥത്തിൽ ഉണ്ടാവുന്നു അതുപോലെ ഇവിടെ എന്താണ് മുമ്പലിതം അതാണ് പക്ഷേ അവിടെ രജതത്വജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രജതത്വത്തിൽ വ്യാപ്തിയുള്ള എന്താണ് ഇത് അഭർണാദികൾക്ക് ഉപകാരമാണെന്ന് നേരത്തെ പറഞ്ഞു ഇത് അപർണാദികൾക്ക് ഉപകാരകമാണെന്നുള്ള ജ്ഞാനം ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരു ഞാനുണ്ടാവണമെങ്കിൽ മുമ്പിൽ ഇതം എന്ന് പറയുന്നിടത്ത് രചതത്വം ഞാനുണ്ടാവും അതായത് രചതത്തെ വെറുതെ സ്മരിച്ചാൽ പോലെ സ്മൃതി പോലെ വെറുതെ സ്മരിച്ചാ പോലെ മുമ്പിൽ തന്നെ രചിതത്തെ ഇതം രഹിതം എന്ന് പറയുന്ന ബ്രഹ്മസ്ഥലത്ത് മുമ്പിൽ രചിതത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് അവിടെ മുമ്പിൽ രഹതത്തെ അറിയുന്നില്ല കേരളം സ്മരിക്കുന്ന പറഞ്ഞാൽ അത് ബ്രഹ്മമാണ് യഥാർത്ഥമാണ് ബ്രഹ്മപക്ഷം പറയുന്ന ആരാണോ ബ്രഹ്മമല്ല എന്ന് പറഞ്ഞാൽ മീമാംസകരിൽ തന്നെ പ്രഭാവര ഗുരു അഖ്യാധികാരം അതുകൊണ്ടാണ് ശബരസ്വാമിയെ തന്നെ അവിടെ കൊണ്ടുപോകുന്നത് തസ്മാസിദ്ധം അതുകൊണ്ടൊരു കാര്യം ഉറപ്പിച്ചെന്താണ് ഏതത് വിവാദാധ്യാസിതം രജിതാതിജ്ഞാനം പുരോപത്തി വസ്തുവിഷയം രൗതാദ്യ നിയമേന പ്രവർത്തകത്വ ഇതാണ് അങ്ങനെ ധ്യാസിതം വിവാദത്തിന് വിഷയമായ ഇപ്പൊ ഒരു വിവാദമാണല്ലോ മുൻപിക്കാണുന്ന ഇതം രേതമെന്ന് പറയുന്നത് ഇത് ഭ്രാന്തിയാണോ അതോ യഥാർത്ഥ ഞാനി കാണുന്ന ഈ രചതം നേരിട്ട് മുൻപി കാണുന്നതാണോ അതോ സ്മരിക്കുന്നതാണ് അവിടെ തർക്കം പറയാണ് വിവാദാധ്യാസിതം രേതാധിന്യാണ് ിൽ കാണുന്ന രേത ജ്ഞാനം രേതമോ സർപ്പമോ അതാണ് രേതാവിന്ന് പറഞ്ഞത് പുരോവർത്തി വസ്തു വിഷയം മുമ്പിൽ കിടക്കുന്ന വസ്തുവിനെ കാണുകയാണ് അല്ല സ്മരിക്കുന്നത് പുരോവർത്തി വസ്തുവിനെയാണ് അവിടെ കാണുന്നത് ജ്ഞാനം എന്ന് പറയുന്നതിന്റെ വിഷയം പുരോവർത്തി വസ്തു ആണെന്ന് വെച്ചാൽ മുമ്പിൽ ആരോപിതമായ രേതത്തെയാണ് കാണുന്നത് വാസവത്തിരഹതമില്ല ആരോപി ആരോപിച്ചത് അത് പുരോവർത്തി നിങ്ങൾക്ക് മുമ്പിൽ വർത്തിക്കുന്ന വസ്തു നിനക്ക് രജതം ആ രജത വിഷയമാക്കുന്നതാണ് മുമ്പിൽ എവിടുന്ന് രഹിതം വന്നു അതാണ് രഹതജ്ഞാനത്തിന്റെ വിഷയം മുമ്പിൽ തന്നെ ഉണ്ട് എന്തുകൊണ്ട് രയതാദ്യ അർച്ചന തത്ര നിയമേന പ്രവർത്തകത്തുക രജതത്തെ ആഗ്രഹിക്കുന്നവരവിടെ എന്ത് ചെയ്യുന്നു നിശ്ചിതമായും അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു ഈ ജ്ഞാനം എന്നിട്ട് അവർ പ്രവർത്തിക്കുന്നു എന്നാണ് രഹിതം വേണമെന്ന് രഹതത്തിൽ ഇച്ഛയുള്ളവരാണ് എന്തു ചെയ്യുന്നത് മുമ്പിൽ രഹിതജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും പ്രവർത്തിക്കുന്നു അതാണ് ഹേദ വിവാദ അധ്യാസം രഹിതാധിജ്ഞാനം പുരോവർത്തി വസ്തുവിഷയം സാധ്യ രഹതാദ്യർഥന തത്ര നിയമീന പ്രവർത്തകത്വ രഹതത്തെ ആഗ്രഹിക്കുന്നവൻ അവിടെ പ്രവർത്തിക്കുന്നതുമുണ്ട് മനസ്സിലാക്കാം അങ്ങനെ അവനെ പ്രവർത്തിപ്പിക്കുന്നതിന് കാരണമായി അവന് ആഗ്രഹമുണ്ടായി ആഗ്രഹത്തിന് കാരണമായി ജ്ഞാനമുണ്ടായി ജ്ഞാനത്തിന് കാരണം അവിടെ ആരോഗ്യതമായ ഒരു രചത മുമ്പിലുള്ളതുകൊണ്ടാണ് മറിച്ച് എങ്ങനെയല്ല അവൻ വെറുതെ ഒരു രകത്തെ സ്മരിച്ചുകൊണ്ട് പിന്തി കിടപ്പുണ്ട് ശരിക്കും അവിടെ വേഗം കിടപ്പുണ്ടോ ഇല്ല അവിടെ ആരോപിച്ചു ശരിക്കും കിടക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അവിടെ ആരോപിച്ചു ഇതാണ് ഇത്രയും മനസ്സിലാക്കിയത് തീറും എന്താണോ മുമ്പിൽ അവൻ ജീവിതത്തെ കാണുന്നു ആരോഗ്യതമായ എന്ന് പറഞ്ഞാൽ അത് ഭ്രമം അവൻ മുമ്പിലൊന്നും കാണുന്നില്ല അവൻ മനസ്സുകൊണ്ടൊക്കെ ജയിതത്തെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഞ്ചിയ യഥാർത്ഥം തുമ്പിക്കാണുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വിശിഷ്ടജ്ഞാനം സ്മരിക്കുന്നു പറഞ്ഞാൽ രണ്ട് ജ്ഞാനം ഇതുവരെ രഹതം വിശിഷ്ടജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ രചതത്തെ ആരോപിക്കും അത് ഭ്രാന്തിയാണോ അല്ല രണ്ട് ജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്മരിക്കുന്നതേ ഉണ്ട് വിശിഷ്ടജ്ഞാനം ഉണ്ടായപ്പോൾ മുമ്പിൽ രചതം കിടക്കുന്നു എന്നവനറിവുണ്ടാവും അപ്പൊ ആ രചതത്തെ ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് ഏതൊക്കെ കാണുമ്പോൾ ഒരാളത് കുഞ്ഞിയെടുക്കാൻ ശ്രമിക്കുന്നത് ആഗ്രഹമാണ്